ോകാനം ശങ്കരം ശങ്കം ബാധരാണതൗ വേ ഭഗവ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യം വന്ദേ ഗുരുപരംപരാം ബോധാനന്തം ചല്യണ ാനന്തമാത്മജം സച്ചിതാനന്തമാത്മജം സച്ചിതാനന്ത ഗുരുദാത്മാക്കള അത് അർബുദ പരീക്ഷണത്തിൽ നിലനിന്നിരുന്ന ഒരാശയം ഒരു ബാഹ്യ വസ്തുവിന്റെ പ്രതികരണമാണ് അർബുദ കോശങ്ങളെ സൃഷ്ടിച്ചത് എന്നായിരുന്നു എന്നും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 രണ്ടു ധാരയാണ് ഒരേ വൈദ്യശാസ്ത്രം നൂറ്റാണ്ടുകളോളം ഗവേഷണ രംഗത്ത് കോടികൾ ചെലവഴിച്ച് ഈ ലോകത്തിലെ വസ്തുക്കളെ മുഴുവൻ പരിശോധിച്ച് പുരുഷ ബീജം വരെ അർബുദത്തിന് കാരണമാണെന്ന് വരെ പറഞ്ഞ് ആ വഴിയിൽ നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതി നൂറായിരം ആളുകളുടെ മനസ്സിൻ്റെ സ്വസ്ഥത കെടുത്തി എന്ത് കഴിച്ചാലും എന്ത് തൊട്ടാലും എന്തിനടുത്തുകൂടെ പോയാലും ക്യാൻസറോജിനിക്കാണ് ആ പദാർത്ഥമെന്നും ക്യാൻസറിൻ്റെ സാധ്യത നൂറ് ശതമാനമാണെന്നും ധരിപ്പിച്ചിടത്ത് നിന്ന് വൈദ്യശാസ്ത്രം പെട്ടെന്നൊരു വഴിമാറ്റം നടത്തുകയും ഈ പദാർത്ഥങ്ങളല്ല ക്യാൻസറിന് കാരണം ക്യാൻസർ കോശങ്ങൾ ൂറ് ശതമാനവും തൻ്റെ കോശത്തിൻ്റെ തന്നെ ഒരു പരിണാമമാണെന്ന് തന്നോട് തന്നെയുള്ള തൻ്റെ ഒരു പ്രതികരണമാണെന്ന് എഴുതിവച്ചപ്പോൾ അമ്മാതിരി പഠനങ്ങൾ രംഗത്ത് വന്നപ്പോൾ അതുവരെ നിലനിന്നിരുന്ന സിദ്ധാന്തങ്ങളെ അവലംബിച്ചുള്ള ചികിത്സ തുടരുകയും അത് വഴിമാറാതിരിക്കുകയും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 ജീവികളെ വൈദ്യശാസ്ത്രത്തിന്റെ ഏത് പരീക്ഷണം അടുത്ത വീട്ടിൽ ബലിബുക്ക് ബലിശിഷ്ടം ഭുജിച്ചില്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കാത്ത കോഴിയെ എന്ന പോലെ നിനക്കറിയില്ലെന്ന് തോന്നുന്നു നിങ്ങൾക്കറിയില്ലാത്തവയാണെന്ന് തോന്നുന്നു പഴഞ്ചൊല്ലങ്ങനെയാണ് അതായത് വടക്കോട്ടൊക്കെ പോയാൽ കാക്ക പിണ്ഡം എടുത്തില്ലെങ്കിൽ ഉരുട്ടിവെച്ച പിണ്ണം കാക്കയെടുത്തില്ലെങ്കിൽ അകനാള് നോക്കുക എന്നൊരു ഏർപ്പാട് നിങ്ങളുടെ നാട്ടിലെല്ലാം പോകും എന്ന് പറഞ്ഞാൽ ആ മരിച്ച ഡേറ്റിന്റെ മറ്റൊരു ദിനം അതിന് കണക്കായി എടുത്തിട്ട് അന്ന് മന്ത്രവാദമൊക്കെ ചെയ്ത് കോഴിയെ വലിച്ചെങ്കിൽ പലപ്പുറത്ത് അതിന്റെ രക്തം വീട് മാറി എഴുതണമെന്നൊരു ചടങ്ങുണ്ട് കാക്ക പിണ്ണമെടുക്കാത്തതിന് കോഴിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് പറയും മനസ്സിലായില്ല അതുപോലെ ലോകത്ത് മനുഷ്യന് രോഗം വന്നാൽ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരുപാട് ജീവജാലങ്ങളുണ്ട് ഗിനിപ്പന്നി വെള്ളരി യല് ഒക്കെ അങ്ങനെയെല്ലാം കൊന്നൊടുക്കിയിട്ട് പരീക്ഷണത്തിനായി കൊന്നൊടുക്കിയിട്ട് ഫലപ്രദങ്ങളായ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ശാസ്ത്രമെങ്കിൽ കുറച്ചെങ്കിലും സമാധാനിക്കാം അതല്ല അല്പം പോലും ഫലപ്രദമായ ഉത്തരം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ എത്ര വൈകല്യമാണെന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ് ഇത് പറയാൻ കാരണം ഒരു ഈ ജീവജാലങ്ങൾക്ക് മേലാണ് പരീക്ഷണം നടത്തുന്നത് നിങ്ങളുടെ തലത്തേക്കുന്ന ഷാംപൂ നിങ്ങൾ കണ്ണിലുറ്റിക്കുന്ന മരുന്നുകളും ഒക്കെ ഇമാതിരി പരീക്ഷണത്തിന് ശേഷം വരുന്നവയാണ് കടയിൽ ഷാംപൂ കേൾക്കുമ്പോൾ അത് കണ്ണിലേക്ക് പതിച്ചാൽ കണ്ണ് എത്ര കോൺസെൻട്രേഷൻ വരെ അപകടം ഉണ്ടാക്കില്ല കണ്ണ് നേരം അത്ര വരെ വരും കണ്ണത്ര കാണാതാവും കണ്ണിന് അത്ര കേടുവരും എന്നറിയാൻ ഈ ഷാംപൂ ഒക്കെ നേരിട്ട് ഉച്ചക്കുന്നത് മുയലിൻ്റെ കണ്ണുകളിലും പറ്റുക അവ ചത്തുപോവുകയുമാണ് പതിവ് കണ്ണ് നഷ്ടപ്പെടും പിന്നെ ചത്തുപോകും ഓരോ കുപ്പി വാങ്ങിച്ച് തലയിൽ തേർക്കുമ്പോഴും അതിൽ നൂറ് ജീവിയുടെ ഹിംസ കലർന്നിരിക്കും തോന്നി കയ്യില്ലാന്ന് തോന്നി ഒരാൾക്കും ഒരാൾക്കും ഷാംപൂ തേച്ച് സിൽക്കി ഹെയറുമായിട്ട് നിങ്ങൾ ഓടുമ്പോ നിങ്ങളുടെ ജീവൻ പോലെ പ്രധാനമുള്ള നൂറ് മൊയലുകളുടെ ജീവൻ നിങ്ങൾ തിന്നാനാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് തലത്തേക്കാനാണ് ഈ നൂറ് കണക്കിന് മൊയലുകളെ കൊന്നത് അതിനെ അന്ധമാക്കിയത് ആ കണ്ണിലേക്ക് ഉറ്റിക്കുമ്പോഴെല്ലാം അത് വേദനിച്ചതും പിടഞ്ഞതുമെല്ലാം ജീവനേകമാണെങ്കിൽ ആ കോശകോശാന്തര വ്യാപാരങ്ങളിലെ പരീക്ഷണ നിരീക്ഷണങ്ങൾ അത്രയും നിങ്ങളുടെ കണ്ണുകളിലേക്ക് നിങ്ങളുടെ ജീവനാടികളേക്ക് ആവാഹിച്ചെടുക്കുന്ന സമഗ്രമായ ഒരു ശക്തിവിശേഷത്താൽ നിയന്ത്രിതമാണ് ലോക മനസ്സുകൾ മുഴുവനെങ്കിൽ ആധുനിക ശാസ്ത്രത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളും മാനവനെ ദുഃഖകയത്തിലേക്ക് മാത്രം തള്ളുന്നതെയാണ് അറിവില്ലാത്തവരും അജ്ഞന്മാരുമായ ആദിവാസികളോ ഇവനെക്കുറിച്ച് വിവരമില്ലാത്ത കാടന്മാരോ പഠിപ്പില്ലാത്ത ഇന്നലത്തെ സർഗചേദനയെ അറിയാത്ത മൂഢന്മാരോ അല്ല ഈ പരീക്ഷണങ്ങൾ ഒന്നും നടത്തുന്നത് എന്നുള്ളത് നിർണായകവുമാണ് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അതിന് ഫോളോ ചെയ്യാനെങ്കിലും പറ്റുന്നതെന്ന് നിങ്ങളുടെ അഭവം ഉണ്ടെന്നറിയുമോ അല്ല രോമം കൊഴിയുമോ എന്നറിയാൻ കൊരങ്ങിൻ്റെ രോമത്തിലാണ് പെട്ടെന്ന് എത്ര കോൺസെൻട്രേഷനിൽ രോമം കൊഴിയും രോമം കൊഴിഞ്ഞ കൊരങ്ങുകൾ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 ശാസ്ത്രം ദീർഘദൂരം സഞ്ചരിച്ചിട്ട് യാതൊരു വിഷമവും ഇല്ലാതെ ആ ശാസ്ത്ര സത്യത്തെ തെറ്റാണെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് കഴിയുമ്പോൾ ഈ നാടകം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പഠനരീതിയുടെ ആവശ്യം അനിവാര്യമാണെന്ന് വിവരമുണ്ടെങ്കിൽ ബോധ്യമാവേണ്ടതാണ് അത്തരത്തിന് പ്രതിബദ്ധതയുണ്ടെങ്കിൽ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 അതിൽ സംഭാവന ചെയ്യാവുന്ന രാഷ്ട്രങ്ങൾ അത്രയും കിഴക്കാണ് പക്ഷേ ആ വളർച്ചയ്ക്ക് എതിര് നിൽക്കുന്നത് അത്രയും കിഴക്ക് നിന്ന് പടിഞ്ഞാറിന്റെ സംക്ഷോഭങ്ങൾ പഠിച്ച ശാസ്ത്രകാരന്മാരുമാണ് മനസ്സിലായില്ല അങ്ങനെ പറഞ്ഞു അത് തള്ളിയപ്പോല കാര്യകരണ സഹിതം പറയണമല്ലോ മനസ്സിലായില്ലെന്ന് പറഞ്ഞത് ഇന്ത്യയിലെ പൗരാണിക ശാസ്ത്രങ്ങൾക്കെതിരായി പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രത്തിലെ പൗരാണിക സങ്കേതങ്ങൾക്കെതിരായി അമേരിക്കയിലെ അമേരിക്കക്കാരായ ആധുനിക വൈദ്യശാസ്ത്രജ്ഞന്മാർ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിര് നിൽക്കുന്നത് അമേരിക്കയിൽ തൊഴിലെടുക്കുന്ന ഇന്ത്യക്കാരായ ആധുനിക വൈദ്യശാസ്ത്രജ്ഞന്മാരാണ് അടുത്തിടെയാണ് അവരുടെ ഓർഗനൈസേഷൻ ആയുർവേദത്തിൻ്റെ ആഗമനത്തെ എന്ത് വില കൊടുത്തു അമേരിക്കയിൽ ചെറുക്കണമെന്ന് തീരുമാനമെടുത്തത് പത്രത്തിൽ നിങ്ങൾ വായിച്ചതാണ് നിങ്ങൾ പത്രം വായിക്കുന്നവരല്ലോ വായിച്ച ആരെങ്കിലും ഇല്ല ഒരാൾ വായിച്ചിരുന്നു രണ്ടുപേരും വായിച്ചിരുന്നു അമേരിക്കൻ ഡോക്ടീസ് അല്ല വായിച്ചില്ല മാതൃഭൂമി മനോരമ ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു അയയ്ക്കുന്ന രീതി ഒന്നും എഴുതിയാൻ വ്യാഖ്യാനിച്ചൊന്നും പറഞ്ഞല്ല ഡയറക്റ്റായിട്ട് എഴുതി പക്ഷെ എഴുതിയ ഹിന്ദുവിന് മാത്രം അത് എഴുതിയവന് വിവരം ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം ആ ന്യൂസ് എഴുതിയവൻ വിളിക്കണം ഇന്ത്യൻ ഡോക്സ് ഇൻ അമേരിക്ക ഡിഒ സി അപ്പോസ്റ്റർ വായിക്കുന്നവന് ഒരു വായിക്കാൻ ഇഷ്ടംപോലെ മനസ്സിലായില്ല രണ്ടു വാർത്തകൾ അടുത്ത കാലത്ത് വന്നത് രണ്ടും ഡിഒ സി അപ്പോസ് കൊണ്ട് എങ്ങനെ വായിക്കാമെന്ന് ഇനി നിങ്ങൾ ഞാൻ വായിച്ചതല്ല ഒന്ന് ഇംഗ്ലണ്ടില് ക്ഷേത്രത്തിലെ ഭിക്ഷാണ്ടവും കഴിച്ചു കഴിയുന്നു ഇന്ത്യൻ ഡോക്ടേഴ്സിന് ഒരു വാർത്തയുണ്ടായിരുന്നു വൈസ് ചാൻസലർ ഏ അതും ഡിഒ സി അപ്പോസ് ഓഫിയസായിരുന്നു പ്രത്യേകിച്ചും അമ്പലത്തിലെ കൊണ്ട് കഴിയുന്നു അന്നവും ഡിഒ അപ്പോസ്റ്റ് ഓഫിയസും വല്ലാത്തൊരു ചർച്ചയുണ്ടായിരുന്നു പറഞ്ഞതല്ല പത്രക്കാരൻ്റെ എല്ലാമല്ല പത്രക്കാരൻ എന്തെങ്കിലും കാണാതെ ഇങ്ങനെയൊന്നും എഴുതിയല്ല പത്രക്കാരന്റെ ശൈലിയാണ് അത്ര പരിതാപകരമാണ് അവസ്ഥ എന്ന് കാണിക്കാനാണ് അവിടെ ഡിഒസിൽ ഇവിടെയിട്ടത് എല്ലു പോകുമ്പോൾ ഏത് നായി കുറയ്ക്കുമെന്നുള്ള അർത്ഥത്തിലുമാണ് മനസ്സിലായില്ല പത്രക്കാരൻ ആയതുകൊണ്ടാണ് ഭാഷ പലപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്ന് പറഞ്ഞു തരേണ്ടി അടുത്ത കാലത്താണ് അന്തോ രണ്ടോ മൂന്നോ പേരെയായോ വായിച്ചു പത്രമൊക്കെ വായിക്കുമ്പോൾ ഇത്തരം വാർത്തകളൊക്കെ കൊടുക്കും അല്ല മാറ്റി മോണിയിലൊക്കെ മാത്രമേ വായിക്കുള്ളൂ ഇതിന് കാരണം അതിൻ്റെ വളർച്ചയെ അറിയില്ലാത്തതുകൊണ്ടല്ല എങ്ങനെയാണ് പ്രാചീനരായ ആചാര്യന്മാരും പ്രാചീന കുടുംബിനികളും ടിവികളെ ഹിംസിക്കാതെ ഈ ശാസ്ത്ര സത്യങ്ങളെ മറ്റൊരു പഠന അനിവാര്യത വേണം എന്ന് പറയുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കണം അല്ലാതെ ഒഴുക്കമട്ടിൽ എന്നുള്ളത് തെറ്റാണെന്ന് പറഞ്ഞാൽ പോരാ അബാധ്യത ഏറ്റെടുക്കുവാൻ തയ്യാറായിക്കൊണ്ടാണ് പറയുന്നത് എന്ന് സംശയം വേണ്ട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 സ്വഭാവം നിത്യമാണ് പദാർത്ഥവും ദ്രവ്യവും പദാർത്ഥ വിജ്ഞാനവും ദ്രവ്യ വിജ്ഞാനവും ആയുർവേദത്തിൻ്റെ വളർച്ചയിലെ നാഴികക്കല്ലുകളാണ് ഈ രണ്ടും നല്ലപോലെ പഠിക്കുകയും ചെയ്യേണ്ടി അല്ല ഒരുപാട് വ്യത്യാസമുണ്ട് വർണ്ണങ്ങൾ ചേർന്ന് പദങ്ങൾ പദങ്ങൾ ചേർന്ന് വാക്യങ്ങൾ പദത്തിൻ്റെ അർത്ഥത്തെക്കു കുറിച്ചുള്ള പഠനങ്ങൾ പദാർത്ഥം ഒരു പദം ഉച്ചരിക്കുമ്പോൾ ആ ഉച്ചാരണം കൊണ്ട് അന്തരീക്ഷത്തിൽ ആകാശാതുവിൽ പരിണാമം വരുന്നുണ്ട് അതുകൊണ്ട് വിവരമുള്ളവൻ ശ്രദ്ധിച്ച് മാത്രമേ പദങ്ങൾ ഉതിർക്കുകയുള്ളൂ ലോകത്ത് കണ്ണു കാണാത്തതും കാലില്ലാത്തതുമായ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ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 ഇത് പദാർത്ഥ വിജ്ഞാനത്തിലെ മുഖ്യശാഖയാണ് ഇന്ന് അത്യന്താധുനികനായ മാനവൻ ഇത്രയധികം ശബ്ദങ്ങൾ ഉപയോഗിക്കുമ്പോഴും അതിനെ പഠിച്ചു എന്ന് അഭിമാനിക്കുമ്പോഴും അവന്റെ ആരോഗ്യശാസ്ത്രത്തിലോ വൈദ്യശാസ്ത്ര രംഗത്തോ അവന്റെ കുടുംബജീവിതത്തിലോ അവന്റെ ആഹാരത്തിലോ ശബ്ദശാസ്ത്രത്തിൻ്റെ ഈ ഏഴുകൾ പഠനീയമായിത്തീരുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരോ പഠിച്ചു എന്ന് പറയുമ്പോൾ കേൾക്കാനും ഉൾക്കൊള്ളാനും വിഷമമുണ്ടാകുമെന്ന് എനിക്കറിയാം മനസ്സിലായില്ല അവളെ പതുക്കെ സംസാരിക്കും നീ അമ്മയാണ് അപ്പുറത്തൊരു ഗർഭിണിയാണ് ഇരിക്കുന്നതെന്ന് ഓർക്കാതെ നിങ്ങളിവിടെ കിടന്ന് ഒച്ചുകൊടുക്കുന്നു ആ കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാകുമെന്നറിയില്ലേ മര്യാദയ്ക്ക് പറയുള്ളൂ എന്നിറങ്ങിപ്പോ നിങ്ങൾ പോയിരുന്ന് ചീട്ടുകളിൽ വഴക്കുമൊക്കെ പോലെ റബർത്തോട്ടത്തിലോ വഴിയരികിലോ എവിടെയെങ്കിലും പോയി ഈ പരിസരത്തിൽ ഇത് അവിടെ നിന്നും ചെയ്യാതിരിക്കുക തന്നെയാണ് നല്ലത് എന്ന് പറയുന്ന എത്ര അമ്മൂമ്മമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ചോദ്യം മനസ്സിലായില്ല കണ്ടിട്ടില്ല എന്നാണ് ഉത്തരം കണ്ടിട്ടുള്ള ആരെങ്കിലും ഇല്ല ഒരാൾ ഇതൊക്കെ ഞാനും ഇവിടെ കൊണ്ടിരിക്കുകയാണോ എന്നറിയില്ല ഈ ഇടയിലേക്ക് കൈവോക്കാനും അങ്ങനെ ഒരു ഏർപ്പാടുണ്ടല്ലോ ഞാൻ കൈയഴിക്കാനും ആ ഞാൻ ചോദ്യം ചോദിക്കാനും ചോദ്യമൊക്കെ പറഞ്ഞുകൊടുത്ത് ചോദിപ്പിക്കാനും അപ്പോ പൗരാണികരായ ആളുകൾക്ക് പദാർത്ഥ വിജ്ഞാനം നന്നായി അറിയാമായിരുന്നു കുടുംബങ്ങളിൽ പോലും ശസ്ത്രക്രിയാ വിദഗ്ധനും സഹകാരികളും ശസ്ത്രക്രിയ വേളയിൽ സംസാരിക്കരുത് എന്നുള്ള നിയമങ്ങളൊക്കെ പൗരാണികമായി ഉണ്ടായിരുന്നു ആധുനിക വൈദ്യശാസ്ത്രത്തിലും ആദ്യകാലങ്ങളിൽ ഇത് പാലിച്ചിരുന്നു അതൊക്കെ മാറി അവിടെ പറഞ്ഞു കൊടുക്കുന്നതും അവിടെ പഠിപ്പിക്കുന്നതും അവിടെ തമാശ പറയുന്നതും അവിടെ നിന്നാണ് തെറിവിളിക്കുന്നതും എല്ലാം വളരെ വിപുലമായ ഒരു ശാസ്ത്രശാഖയാണ് പദാർത്ഥ വിജ്ഞാനം എങ്ങനെയാണ് വ്യഞ്ജനങ്ങൾ എങ്ങനെയാണ് സവർണങ്ങൾ എങ്ങനെയാണ്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 പ്രഭാവം ഇവയൊക്കെ അവലംബിച്ച് വിപുലങ്ങളായ പഠനങ്ങളുണ്ട് അതേത് ആഹാരം ഏത് സമയത്ത് അതായത് ഏത് കാലത്ത് ബാഹ്യകാലമായ രാത്രിയോ പകലോ പ്രത്യേക ഋതുവിലോ ദിനചര്യയിൽ ഋതുചര്യയിൽ രാത്രിചര്യയിൽ ഇന്ന ഗുണമുള്ള ഇന്ന വീല്യമുള്ള ഇന്ന വിഭാഗമുള്ള ഇന്ന വസ്തുക്കൾ അല്ലെന്നൊക്കെയുള്ള നിയമങ്ങളുണ്ട് വീടുകളിലൊക്കെ എല്ലാവർക്കും അറിയായിരുന്നു ഒരു കാലത്ത് വൈദ്യന്മാർക്കല്ല അറിയുന്നത് അതിനേക്കാൾ കൂടുതലായി അതുകൊണ്ട് വൈദ്യന്മാരുടെ കച്ചവടമൊന്നും വിവരം ഉണ്ടായിരുന്നത് കൊണ്ട് വീടുകളിൽ നടന്നിരുന്നില്ല വിവരം നഷ്ടപ്പെട്ടാൽ മാത്രമേ കച്ചവടം തകർക്കുള്ളൂ ഒരു സ്ത്രീ അറിയണം ജീവിക്കാൻ തുടങ്ങുമ്പോഴെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു ക്വാളിഫിക്കേഷൻ മതി പണിയെടുക്കാതെ ജീവിക്കാൻ പഠിക്കണം പരദൂഷണം പറയാൻ പഠിക്കണം സീരിയല് കാണാൻ കഴിവുണ്ടാവണം പിന്നെ അവള് പിടിക്കുകയാണ് ഇത്ര ഉണ്ടെങ്കിൽ അറിവുള്ളവളാണ് പുരോഗം മതി സൂപ്പർ കഴിവായിട്ട് അംഗീകരിക്കണമെങ്കിൽ ഭർത്താവിനെ വഞ്ചിക്കാൻ സ്ത്രീയും ഭാര്യയെ വഞ്ചിക്കാൻ ഭർത്താവും പഠിക്കണം പിന്നെ അത് പുരോഗതി പറഞ്ഞത് കൂടിപ്പോ കുറഞ്ഞേ ഉള്ളൂന്ന എന്റെ ധാരണ എന്തൊന്നും മറുപടിയൊന്നുമില്ലെന്ന് ഇതിനൊക്കെയാ പിള്ളേരെ ഇവ പരിശീലിപ്പിക്കുന്നത് അറിയാൻ മേലാത്ത പിള്ളേരുണ്ടാക്കി തള്ളിയത് കൊണ്ട് പറഞ്ഞുകൊടുക്കുകയും ചെയ്യും ജീവിക്കേണ്ടത് പഴയതല്ല പദാർത്ഥ വിജ്ഞാനത്തെയും ഒക്കെ പഠിച്ച് അതിന്റെ കർമ്മ രീതി കർമ്മം സ്വഭാവം സ്വരൂപം അതിൻ്റെ ഗുണം ഇവയൊക്കെ അവലംബിച്ചാണ് അവർ ഗവേഷണം നടത്തിയതും കണ്ടെത്തിയതും അത് സാർവലൗകികവും സാർവകാലികവുമായിരുന്നു ദ്രവ്യമെടുത്തു സ്ഥൂലമായ ഒത്തിൽ പരീക്ഷിക്കുമ്പോൾ ഫലം കിട്ടിയതുകൊണ്ട് ആ വസ്തു ആ ഫലം എല്ലായ്പ്പോഴും തരുമെന്ന് അർത്ഥമില്ല ഉപയോഗിച്ച സമയത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് കിട്ടിയ ഫലം വസ്തുവിന്റെ സ്വഭാവമല്ല കാലസ്വഭാവമാണ് അതുകൊണ്ട് ശാസ്ത്രം ഇവിടെ തെറ്റുമെന്ന് പ്രാചീനം ആധുനികരല്ല വസ്തു നിലകൊള്ളുന്ന ദേശത്തിന്റെ പ്രത്യേകത കൊണ്ട് ആ ദേശത്തിൽ ആധിക്യേന പ്രവർത്തിക്കുന്ന വസ്തുക്കൾ വസ്തു നിവർത്തിയില്ലാതെ വലിച്ചു കയറ്റിയത് ഒരു റിസൾട്ട് തന്നാൽ ആ വസ്തുവിൻ്റെ സ്വഭാവമല്ല ദേശസ്വഭാവമാണ് ആ വസ്തുവിനെ ഉപയോഗിക്കുന്ന സമയത്ത് കഴിച്ചൊരു ആഹാരം കൊണ്ട് ഫലം കിട്ടിയതാണെങ്കിൽ അത് വസ്തുവിൽ തെറ്റിദ്ധരിക്കും ശാസ്ത്രകാരൻ ഉപയോഗിക്കുന്നവന്റെ മനസ്സാശ്രയമെന്ന നിലയിൽ വസ്തുവിൽ പരിണമിക്കുമെങ്കിൽ അത്തരം ഒരു പരീക്ഷകൻ നടത്തിയപ്പോൾ കിട്ടിയ റിസൾട്ട് മറ്റൊരു പരീക്ഷകൻ നടത്തിയാൽ കിട്ടുകയില്ലാത്തതുകൊണ്ട് അത് വസ്തുവിൻ്റെതല്ല ഫോളോ ചെയ്യാൻ പറ്റുമോ ഏ ശരിയാണെന്നൊക്കെ തോന്നുന്നുണ്ടോ മൂന്ന് സ്ത്രീകൾ മൂന്ന് അവിയലിരിക്കുമ്പോൾ ഒരേ പച്ചക്കറികൾ കൊണ്ടും സാധനം കൊണ്ടും മൂന്ന് പേരും ഒരേ വസ്തുക്കൾ എടുത്ത് അവിയൽ വെക്കുമ്പോഴും ഒരേ പാത്രം തന്നെ ഉപയോഗിക്കുമ്പോഴും മൂന്ന് അവിയലിന് മൂന്ന് സ്വാദ് ഉണ്ടാകുന്നത് മനസ്സിലായില്ല വസ്തുവിൻ്റെ സ്വഭാവം കൊണ്ടല്ല ആശ്രയമെന്ന പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുമോ ഏ ശരിക്കും ആലോചിച്ചിട്ടാണോ പറയുന്നത് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ശാസ്ത്രലോകത്തും ഈ ഗതീയതയുണ്ട് അത് ശാസ്ത്രം കേവലമായിരിക്കണമെങ്കിൽ ഭൗതിക പരീക്ഷണങ്ങൾ പര്യാപ്തമല്ല ഭൗതിക പരീക്ഷണങ്ങൾ കുറ്റമറ്റതല്ല ഭൗതിക പരീക്ഷണത്തിന്റെ പേരിൽ ജീവികളെ കൊന്നുകളയേണ്ട ആവശ്യമില്ല ജീവികളെ കൊന്നു എന്നുള്ളതുകൊണ്ട് കണ്ടെത്തിയ ഔഷധങ്ങളൊന്നും ഔഷധങ്ങളല്ല അപ്പോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഫലമുണ്ടാകണമെന്നില്ല കുറ്റമറ്റ ഒരു പരീക്ഷണ രീതി അതിനുപയോഗിക്കുന്ന ദ്രവ്യത്തിൻ്റെ സ്വഭാവത്തിൽ അതിൻ്റെ വീര്യത്തിൽ അതിൻ്റെ ഗുണത്തിൽ അതിൻ്റെ വിഭാഗത്തിൽ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനുള്ള ഘടകങ്ങൾ ഉണ്ടോ എന്നുള്ള അന്വേഷണമാണ് അപ്പോൾ പരീക്ഷണം വീര്യത്തെയും വിവാഹത്തെയും പ്രഭാവത്തെയും ഒക്കെ ആസ്പദമാക്കി മാത്രമേ വേണ്ടൂ വസ്തുവിന്റെ കർമ്മസ്വഭാവത്തെ ആസ്പദമാക്കിയേ വേണ്ടൂ അല്ല വെണ്ടയ്ക്ക പഠിച്ചു കൊടുക്കുന്നത് കുട്ടിയുണ്ടാകാത്ത മകന് വീജശേഷി ഉണ്ടാകുവാൻ വിഞ്ചു വെണ്ടയ്ക്ക പഠിച്ചു വേവിക്കാതെ കൊടുക്കുന്നത് അരിഞ്ഞ വെണ്ടയ്ക്കയിൽ കാണുന്ന വ്യാപകരൂപത്തിലുള്ള പദാർത്ഥത്തിന് മകനിൽ പ്രവൃദ്ധമാകുന്ന കഭത്തോട് സാമ്യമുള്ളതുകൊണ്ടാണ് മനസ്സിലായില്ല മനസ്സിലായില്ല അതുകൊണ്ടാണ് അവർ സംശയിക്കുന്നതിന് ആക്ഷൻ ഉണ്ടാവുന്നത് അത് കൊടുത്തു കഴിഞ്ഞ് ആക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അവർ തീരുമാനിക്കുന്നത് താൻ കണക്ക് കൂട്ടിയത് അവരും തമ്മിലുള്ള ബന്ധത്തിൽ ഇതിന് നൂറ് ജനിപ്പന്നിയെ എടുത്ത് കണ്ടയ്ക്ക് അരീക്ഷിക്കേണ്ട മനസ്സിലായില്ല വയൽ ചുള്ളിയുടെ അരി എടുത്ത് വെള്ളത്തിലിടുമ്പോൾ അത് കുതിരുമ്പോൾ കപം പോലെ പച്ചയുള്ളൊരു ദ്രാവകമായി മാറും കപത്തോട് സാമ്യമുള്ളതും ശുക്രധാതുവിനോട് സാമ്യമുള്ളതുമായ ഈ പദാർത്ഥത്തിന്റെ രൂപമാണ് വീട്ടിലെ പ്രായമെത്തിയ തള്ളയെ മകനിത് കൊടുക്കാനോ മകൻ ഇത് ഔഷധമായി കൊടുക്കുവാനോ പ്രേരിപ്പിച്ചതെങ്കിൽ അത് കർമ്മജമാണ് മനസ്സിലാവുന്നില്ല വളരെ എളുപ്പമാണ് മനങ്കുലയോ വെള്ളം പോലുമില്ലാതെ വേനൽക്ക് വളരുന്ന കറ്റാർ വാഴയോ മഴ കഴിഞ്ഞ് നല്ല വെയിലത്ത് പാറകളിൽ പോലും പടർന്നു കയറുന്ന കയ്യന്യമോ ആളിന്റെ വീടുപേരോ കാണുന്നൊരമ്മ അത് അരിഞ്ഞുകൊണ്ട് എണ്ണ കാച്ചി മകളുടെ മുടി വളരാൻ തേൽപ്പിക്കുന്നത് അതിന്റെ സ്വഭാവത്തിൽ നിന്ന് പഠിച്ചതാ നിരീക്ഷണമാണ് യഥാർത്ഥത്തിന്റെ ഘടനാവൈചര്യം മനസ്സിലാക്കാൻ ബയോ കെമിസ്ട്രിയിൽ അതിന്റെ ആക്ട് പ്രിൻസിപ്പൾ വേർതിരിച്ചെടുത്ത് മിനിപ്പന്നിയിലും വെള്ളലിയിലും പരീക്ഷിക്കുന്ന ഓർഗാനിക് കെമിസ്ട്രിയെയും ബയോ കെമിസ്ട്രിയെയും മോളിക്കുലർ ബയോളജിയെയും എല്ലാം ചേർത്ത് വെച്ച് നടത്തുന്ന നിർണായക പരീക്ഷണവും അതിൽ കൊന്നെടുക്കുന്ന ജീവജാലങ്ങളെ ചിന്തിക്കാതെ മാനവൻ പുരോഗമിയിലേക്കുള്ള തെറ്റിദ്ധരിച്ച് പണം മുടക്കുകയും ചെയ്യുമ്പോൾ ആ നിരീക്ഷണത്തെക്കാൾ ഉത്തമവും ഉദാത്തവുമായ ഒരു നിരീക്ഷണമാണ് പ്രകൃതിയിൽ സ്വഭാവത്തെ നിരീക്ഷിച്ചിട്ട് സംശയലേശമന്യേ എടുത്തു കൊടുത്ത് ബലം കാണുന്ന പ്രാചീന്റെ അന്ധക്കരണത്തിലുള്ളത് പ്രചുവെക്കുന്നത് അത്രയും നിങ്ങളുടെ പുരോഗതി ഹിംസാത്മകവും ശുദ്ധ കോഷ്കുമാണെന്നാണ് യോജിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെന്ന് അറിയാതെയാണ് നിങ്ങൾ പലപ്പോഴും തലകുലിക്കുന്നതെന്ന് എനിക്ക് സംശയം തോന്നുന്നു നിങ്ങളെ കൊണ്ട് തലകുലുപ്പിച്ചൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനൊന്നുമല്ല ഞാനത് പറയുന്നത് അതുകൊണ്ട് തന്നെ ആലോചിച്ച് കുളിക്കിയാൽ മതി െന്ന് തോന്നില്ല ഞാൻ പറയുന്നുണ്ട് എനിക്ക് വീണ്ടും വീണ്ടും സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പൊടിക്കൈയോടെ പ്രയോഗിക്കുന്നത് എനിക്ക് വല്ലാത്തൊരു സംശയമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് പിന്നെയും പിന്നെയും അങ്ങനെ തോന്നുന്നതിൽ തെറ്റില്ലെന്നാണ് എന്റെ വിശ്വാസം പ്രാചീന ഈ സത്യങ്ങളെ കണ്ടെത്തിയത് ഹിംസാലുലഭമായ ഒരു മനസ്സോടു കൂടിയല്ല അതിലോലവും സമഗ്രവും സമയോചിതവുമായ ഒരു ശുദ്ധബുദ്ധിയൊണ്ടാണ് അതുകൊണ്ട് അവയൊക്കെ കാലത്തെ വെല്ലുമാറ് നൂറ് ശതമാനം ഫലദായികളായി നിൽക്കുമ്പോൾ നിങ്ങൾ അലങ്കരിക്കുന്ന നിങ്ങളുടെ പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ താൽക്കാലികങ്ങളും നഷ്ടപ്രായങ്ങളും ഉപദ്രവകരങ്ങളും ഹിംസാ ലോലപങ്ങളുമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു പുതിയ ചിന്താരീതി ശാസ്ത്രരംഗത്ത് തുടങ്ങേണ്ടിയിരിക്കുന്നു അതിൽ തുടക്കം കുറിക്കുവാൻ ഒരുപക്ഷെ കഴിയുക പൂർവദേശത്തു നിന്നായിരിക്കാം കാരണം അവിടെയാണ് ഈ പ്രാചീന പരീക്ഷണങ്ങൾ നടന്നിട്ടുള്ളത് ഇന്ത്യയും ചൈനയും ഫിലിപ്പൈൻസും ജപ്പാനും ഒക്കെ അടങ്ങുന്ന ദേശങ്ങളിൽ ഏതാണ്ട് ദൃഷ്യ വരെ മാനവേതിഹാസങ്ങൾ രചിച്ചിട്ടുള്ളതും ജീവജാലങ്ങളെ അംഗീകരിച്ചിട്ടുള്ളതും പ്രകൃതിയുടെ താളാത്മകത വിശ്വസിച്ചിട്ടുള്ളതും ഈ ദേശങ്ങൾ തന്നെയാണെന്നാണ് എൻ്റെ ധാരണ മാനവന്റെ ആത്മാവ് ശരീര ഇന്ദ്രിയങ്ങളിലെ സമഗ്രമായി പഠിക്കുന്നതും സകല ദ്രവ്യങ്ങളുടെയും ഗുണപരങ്ങളായ കാര്യങ്ങൾ പഠിക്കുന്നതും മറ്റു ജീവകഞ്ജാലങ്ങളിൽ എത്രത്തോളം ശബ്ദസ്പർശ രൂപ രസഗന്ധാദികൾ വാസനാരൂപങ്ങളിൽ ആഹാരൂപേണ കടന്നുകൂടുമെന്ന് ആലോചിക്കുന്നതും ഒക്കെ ഈ തരുണത്തിൽ ഉചിതവുമാണ് ഇവിടെയാണ് ഒരു പട്ടിയുടെയോ ഒരു പതിയുടെയോ കർണാർബുദമോ ഒരു പശുവിൻ്റെ ഏകൃത അർബുദമോ ഉത്തമനായ ഒരു പദോളജി വിദഗ്ധന് നൽകി നോക്കിയാൽ അയാളത് മനുഷ്യന്റേതിൽ നിന്ന് വേർതിരിച്ചറിയുന്നില്ല എങ്കിൽ വൈദ്യശാസ്ത്രത്തെ ഇന്നും ശക്തമായി ഭരിക്കുന്ന അനിശ്ചിതത്വമാണെന്ന് മനസ്സിലാക്കേണ്ടത് എന്നത് വല്ലോന്നറിയില്ല ഒരു അർബുദ കോശം പട്ടിയുടെ ശരീരത്തിൽ വളർത്തിയെടുത്ത ഒരു അർബുദ കോശത്തെ കട്ട് ഒരു പന്നിയുടെ ശരീരത്തിൽ വളർന്ന ഒരു അർബുദ കോശത്തെ കട്ട് ഒരു പശുവിന്റെ ശരീരത്തിലെ അർബുദ കോശം മുറിച്ചെടുത്ത് ഒരു പതോളജി ഇരക്കൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് മനുഷ്യ ശരീരത്തിലെ അർബുദ കോശത്തിൽ നിന്നത് വ്യത്യസ്തപ്പെടുന്നില്ല എന്ന അയാളെങ്ങാനും പറഞ്ഞു പോയാൽ അറിയുക തന്നെ ചെയ്യും ശങ്ക വേണ്ട ഇത്രയും പുരോഗമിച്ചു നിൽക്കുന്ന വൈദ്യശാസ്ത്രത്തിന് അതിൻ്റെ അന്തർധാര അനിശ്ചിതത്വം മാത്രമാണെന്ന് കാണാം അർബുദ കോശത്തെ കണ്ടിച്ചെടുത്തുകൊണ്ട് കൊടുത്താൽ മാമൽസിൻ്റെ ഏതിൻ്റെ നിങ്ങൾ കണ്ടിച്ചുകൊണ്ട് കൊടുക്കുമ്പോഴും അതിൻ്റെ കോശാന്തര പഠനം നടത്തുമ്പോൾ സംശയിക്കുകയോ കൃത്യമായി ഉത്തരം പറയാൻ പറ്റാതിരിക്കുകയോ അതേതിൻ്റെതാണെന്ന് കൃത്യമായി വിച്ഛേദിക്കാൻ പറ്റാതെ വരികയോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ അർബുദ കോശങ്ങളെ കണ്ടെത്തിയെന്നും അവ അർബുദ കോശങ്ങൾ തന്നെയാണെന്നും ഒക്കെ നിശ്ചയിച്ചുറച്ചു എന്ന നിങ്ങളുടെ ധാരണയും വൈദ്യശാസ്ത്രജ്ഞന്റെ ഉറപ്പും അത്രത്തിൻ്റെ ദൃഷ്ടിയിൽ അനിശ്ചിതത്വമുള്ളതാണ് അഭിപ്രായം പഠിക്കുമ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് കോശഘഘോശാന്തര പടങ്ങൾ പണങ്ങളിൽ പ്രത്യേകിച്ചും കാരണം ഇന്ന് വല്യശാസ്ത്രം വികസിച്ചപ്പോൾ ഇമ്യൂണോളജി ഇമ്യൂണോളജി അതായിരിക്കും നിങ്ങൾക്ക് പരിചയമുള്ള പദം വല്യശാസ്ത്രമൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല മലയാളം നിങ്ങൾക്ക് പലപ്പോഴും അന്യമാണ് സംസ്കൃതം അതിനേക്കാൾ ്രതിബന്ധകത്വ ബലത്തെ സംബന്ധിക്കുന്ന ശാസ്ത്രം ബല്യശാസ്ത്രം ഉമ്മണി ബല്യ അല്ല മനസ്സിലാകുന്നുള്ളതുകൊണ്ടല്ല ഞാൻ ഈ പദങ്ങൾ പറയുന്നത് എന്റെ നാടിന്റെ ഭാഷ ഇനിയും നിങ്ങൾ കേട്ട ആരിലെങ്കിലും തലച്ചോറിലെത്തിയാൽ അത് ജീവിച്ചിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾ കൊല്ലാനൊരുങ്ങുമ്പോഴും പാരമ്പര്യങ്ങൾ അതിൽ ജീവൻ കൊടുത്ത് വളർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതിവൃത്തത്തിൽ ആ പദങ്ങളോട് ബന്ധം പുലർത്തുമ്പോൾ കിട്ടുന്ന അവാച്യമായ ഒരു ആനന്ദം മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല നിങ്ങൾ സമ്മതിച്ച് എനിക്ക് വിശ്വാസവുമില്ല പ്രതിബന്ധകത്വബലം എന്നൊന്നുണ്ട് വ്യാധിയെ തടഞ്ഞു നിർത്തുന്നത് വ്യാധി പ്രതിബന്ധകത്വബലം വ്യാധി വന്നാൽ അതിനെ ക്ഷമിക്കാൻ കഴിയുന്നത് വ്യാധി ക്ഷമത്വബലം വ്യാധി ക്ഷമത്വബലം വ്യാധി പ്രതിബന്ധകത്വബലം പ്രതിബന്ധകത്വബലം തന്നെ പ്രതിരോധ ബലം